ം മുപ്പത്തി അഞ്ച് യോശ്യാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കിമിന്റെ കാലത്ത് ഇരമ്യാവിന് യഹോവയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ നീ രേഖാഭ്യഗ്രഹത്തിന്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിന്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കാം അങ്ങനെ ഞാൻ ഹബസിന്യാവിന്റെ മകനായ ഇരമ്യാവിന്റെ മകൻ യയസ് അവന്റെ സഹോദരന്മാരെയും അവന്റെ സകല പുത്രന്മാരെയും രേഖാഭ്യഗ്രഹം മുഴുവനെയും കൂട്ടി യഹോവയുടെ ആലയത്തിൽ പ്രഭുക്കന്മാരുടെ മുറിക്കരികെ ശല്ലൂമിന്റെ മകനായ വാതിൽ കാവൽക്കാരൻ മയസ്സയാവിന്റെ മുറിക്കുമീതെ ഇഗ്ദൻലയാവിന്റെ മകനും ദൈവപുരുഷനുമായ ഹാനാന്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു പിന്നെ ഞാൻ രേഖാഭ്യഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞുകുടിപ്പീൻ എന്നു പറഞ്ഞു അതിനവർ പറഞ്ഞത് ഞങ്ങൾ വീഞ്ഞ് രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് നിങ്ങൾ ചെന്നുപാർക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ും വീഞ്ഞുകുടിക്കരുത് വീട് പണിയരുത് വിത്ത് വിതയ്ക്കരുത് മുന്തിരിത്തോട്ടം ഈവക ഒന്നും നിങ്ങൾക്കുണ്ടാകെയുമരുത് നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ജീവകാലത്തൊരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പാൻ വീട് പണികയോ ചെയ്യാതെ രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ച സകലത്തിലും അവന്റെ വാക്ക് കേട്ടനുസരിച്ചു വരുന്നു ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടവും വയലും വിത്തും ഇല്ല ഞങ്ങൾ കൂടാരങ്ങളിൽ പാർത്തു ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അനുസരിച്ച് നടക്കുന്നു എന്നാൽ ബാബൽ രാജാവായ നെബൂഗദനേസർ ദേശത്തെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ വരുവിൻ കൽതയറുടെ സൈന്യത്തിൻ്റെയും അരാമ്യരുടെ സൈന്യത്തിൻ്റെയും മുമ്പിൽ നിന്ന് നമുക്ക് യെരുശിലേമിലേക്ക് പൊയ്ക്കളയാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ യരിശിലേമിൽ പാർത്തുവരുന്നു അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഇരമ്യാവിനുണ്ടായത് എന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നീ യഹൂദ പുരുഷന്മാരോടും യരുസലേം നിവാസികളോടും പറയേണ്ടത് എന്റെ വചനങ്ങളെ അനുസരിക്കേണ്ടതിന് നിങ്ങൾ പ്രബോധനം കൈക്കൊള്ളുന്നില്ലയോ എന്ന് യഹോവയുടെ രേഖാബിന്റെ മകനായ യോനദാബ് തന്റെ പുത്രന്മാരോട് വീഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ചത് അവർ നിവർത്തിച്ചിരിക്കുന്നു അവർ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് ഇന്നുവരെ കുടിക്കാതെ ഇരിക്കുന്നു എന്നാൽ ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ നുസരിച്ചിട്ടില്ല നിങ്ങൾ ഓരോരുത്തൻ താൻ തന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ പ്രവർത്തികളെ നന്നാക്കുവിൻ അന്യദേവന്മാരോട് ചേർന്ന് അവരെ സേവിക്കരുത് അപ്പോൾ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ വസിക്കുമെന്നിങ്ങനെ പ്രവാചകന്മാരായ എന്റെ സകലദാസന്മാരെയും ഞാൻ ഇടപെടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചു പറയിച്ചിട്ടും നിങ്ങൾ ചെവി എന്റെ വാക്ക് കേട്ടനുസരിക്കുകയോ ചെയ്തിട്ടില്ല രേഖാവിന്റെ മകനായ യോനാദാമിന്റെ പുത്രന്മാർ അവരുടെ പിതാവ് കൽപ്പിച്ച കൽപ്പന പ്രമാണിച്ചിരിക്കുന്നു ഈ ജനമോ എന്റെ വാക്ക് കേട്ടനുസരിച്ചിട്ടില്ല അതുകൊണ്ട് ഇസ്രയേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ ദൈവമായ ഹോവ ഇപ്രകാരം അരുളി ഞാൻ പറഞ്ഞിട്ടും അവർ കേൾക്കുകയോ വിളിച്ചിട്ടും അവർ ഉത്തരം പറയുകയോ ചെയ്യായികൊണ്ട് ഞാൻ യഹൂദയുടെ മേലും എരിശിലേമിന്റെ സകല നിവാസികളുടെ മേലും ഞാൻ അവർക്ക് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും വരുത്തും പിന്നെ യരമ്യാവ് രേഖാപ്യഗ്രഹത്തോട് പറഞ്ഞത് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബിന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ ആജ്ഞയൊക്കെയും അനുസരിച്ച് അവൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തിരിക്കണ്ട് എന്റെ മുമ്പാകെ നിൽപ്പാൻ രേഖാബിന്റെ മകനായ യോനാദാബിന് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല എന്ന് ഇസ്രയേലിന്റെ ദൈവമായ യഹോവ അരുളി